മാസങ്ങൾ മാറ്റി നിശ്ചയിക്കുന്നത് സത്യനിഷേധത്തിലുള്ള വർദ്ധനവു മാത്രമാണ് അതിലൂടെ സത്യനിഷേയികൾ വഴിതെറ്റിക്കപ്പെടുന്നു അള്ളാഹുസുബഹാനുഹൂവറ്റ ആല നിഷിദ്ധമാക്കിയ മാസങ്ങളുടെ എണ്ണത്തിന് അനുയോജ്യമാക്കാൻ വേണ്ടി അവർ ഒരു വർഷം അതിന് അനുവദിക്കുകയും മറ്റൊരു വർഷം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അങ്ങനെ അള്ളാഹുസുബഹാനുഹൂവറ്റ ആല നിഷിദ്ധമാക്കിയതിനെ അവർ അനുവദിക്കുന്നു അവരുടെ ദുഷ്കർമ്മങ്ങൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടു സത്യനിഷേധികളായ ജനതയെ അള്ളാഹുസുബഹാനുഹൂവറ്റ ആല നേർവഴിയിലാക്കുകയില്ല